യൂർപ്പഹം താസ്ത്രം അന്യസ് ശാസ്ത്രംതം ഇ സംസ്കൃതബുദ്ധീന മൂർത്തി അപ്പഹം തധാ അന്യകഞ്ചനാസ്ത്രം ന എപ്രകാരമാണ് ഇതും ശ്രുതം ശാസ്ത്രം ഈ ശ്രമിക്കപ്പെട്ടതായ ശാസ്ത്രം ശാസ്ത്രം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ വസിഷ്ഠൻ രാമൻ ഉപദേശിക്കുകയാണ് അപ്പൊ രാമൻ കേൾക്കുകയാണ് അപ്പൊ വായിക്കുകയല്ല പഠിക്കുകയല്ല അതുകൊണ്ടാണ് ശ്രുതം എന്നുള്ളത് ഈ ശാസ്ത്രം സംസ്കൃത ബുദ്ധിന അല്പം സംസ്കരിക്കപ്പെട്ട ബുദ്ധിയുള്ള ചെറിയ ഒരു ശുദ്ധ ബുദ്ധിയുള്ള സംസ്കൃത ബുദ്ധിയുള്ള വലിയ ബുദ്ധിമാന്മാരാണ് വേണമെന്നില്ല കിഞ്ചിത് സംസ്കൃത ബുദ്ധിനാണ് മോർഖ്യം ശുദ്ധം ഇതും ശാസ്ത്രം മോർഖ്യയുടെ മൂർഖത അറിവില്ലായ്മ ഇല്ലാതാക്കും ചെറിയൊരു ബുദ്ധിയുണ്ടായിരുന്നാണ് മതി അവരുടെ ബോധമില്ലായ്മയെ പരിഹരിക്കുന്നു സാധാരണ അദ്വൈത ദുരന്തങ്ങളൊക്കെ പറയുന്നത് ഊഹ അപോഹ വിചക്ഷണം എന്നൊക്കെയാണ് ഊഹത്തിനും അപ്പോഹത്തിനും ഊഹം വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നതിനും അപ്പോഹം വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞി തള്ളിക്കളയ ശേഷവും അങ്ങനെയുള്ളവർക്ക് ചെയ്ത് പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ കുറച്ചുകൂടി ആശ്വാസകരമാണുള്ളത് ചെറിയൊരു ബുദ്ധിക്ക് തെളിച്ചമുണ്ടായാൽ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ആത്മതത്വത്തെ കഴിയുന്നത്ര ലളിതമായി സുഗ്രഹമായി സാമാന്യം ആർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വിശദീകരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ശാസ്ത്രത്തിൽ ഈ തത്വത്തെ പ്രതിപാദിക്കുന്നതിന് രണ്ട് രീതിയാകും ഒന്ന് കർശനമായ തർക്കങ്ങളിലൂടെ പൂർവ്വപക്ഷങ്ങളെയൊക്കെ ഭണ്ണിച്ച് കേൾക്കുവിക്കാരുടെ മനസ്സിൽ പുതിയ പുതിയ വികല്പങ്ങൾ സംശയങ്ങളുണ്ടാക്കി അതിനെയൊക്കെ പരിഹരിച്ച് സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്ന രീതി ഈ വാദഗ്രന്ഥങ്ങളെക്കെയുള്ളു വാദഗ്രന്ഥം എന്ന് വെച്ചാൽ നല്ല അർത്ഥത്തിലാണ് തത്വത്തിൽ എന്റെ ചർച്ചയാണ് വാദം എന്നത് ചർച്ചയാണ് പൂർവോക്ഷ സിദ്ധാന്ത രൂപത്തിൽ ചർച്ചയായി തർക്കം കേവല തർക്കമാണ് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ആ ഒരു രീതിയാണ് അതൊന്ന് അങ്ങനെ പറയുന്നു പക്ഷേ അത് പറയുന്ന പോലെ വൈദ്യശാസ്ത്ര പണ്ഡിത്യവും കുഞ്ഞു ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് കാര്യം ഗ്രഹിക്കാൻ പറ്റും നമ്മുടെ ശിശുജീല കാര്യമാണ് മറ്റൊന്നും സിദ്ധാന്തത്തെ വിശദീകരിക്കുക സിദ്ധാന്തത്തെ വിശദീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തത്വത്തോട് ആഭിമുഖ്യമുള്ളവർ ടുത്ത് അടുത്ത് തന്നെ പറയും വാക്യാർത്ത ബന്ധം മനുഷ്യന്റെ താല്പര്യങ്ങളാണ് ചിലർക്ക് ഈ അദ്വൈതമെന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു രസമാണ് ചിന്തിക്കാൻ രസമാണ് പലർക്ക് നമ്മൾ താല്പര്യം വരത്തില്ല ഉദാഹരണം രാമാനുജാചാര്യം രാമാനുജാചാര്യത് കേൾക്കുന്നതിനോട് ഒരു താല്പര്യം കേട്ടാൽ മനസ്സിലാവും അത് കേട്ടാ മനസ്സിലായി അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിട്ടാണ് ബുദ്ധിയൊക്കെ അതിനീകരിക്കുന്നതിന് ഓരോരുത്തർക്ക് ഏതിനോടാണ് താല്പര്യം അതാണ് മുഖ്യം അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിന്റെ സിദ്ധാന്തം മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിനീ പറയുന്നത് കർക്കശ ബുദ്ധിയൊന്നും ആവശ്യം കേൾക്കുന്നതിനൊരു സുഖമാണ് ആ ഒരു രണ്ടാമത്തെ രീതി സിദ്ധാന്തത്തെ പ്രതിപാദിക്കുക ഓർവർഷത്തെ ഖണ്ഡിക്കുക അതൊന്നും ഇല്ലാതി സാധാരണ സത്സംഗങ്ങളിലൊക്കെ ആൾക്കാർ അദ്വൈതം പറയുന്നത് ഈ രീതിയാണ് ആ ഒരു രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് ബുദ്ധിയുടെ ആവശ്യമില്ല താല്പര്യം മതി അതിനോടൊരിഷ്ടം മതി ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കും നമ്മൾ എല്ലാ വിഷയങ്ങളിലും അങ്ങനെയല്ല ചിലർക്ക് കണക്കിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരത് പഠിക്കും ഭാഷയോടാണ് ഇഷ്ടമെങ്കിൽ അത് പഠിക്കും അതുപോലെ തന്നെ ഇത് അത് മനുഷ്യന്റെ താല്പര്യങ്ങളാണ് അതുകൊണ്ട് ഇതിന് ഇത് വലിയ ബുദ്ധി വേണ്ട പക്ഷെ താല്പര്യം അങ്ങനെ പറഞ്ഞു മോർഖ്യാപം അപഹം അപഹം അപഹരിക്കുന്നത് അറിവില്ലായ്മയെ നശിപ്പിക്കുന്നതാണ് അതിവിടെ ഈ രണ്ടു വിഷയങ്ങൾക്കാണ് ഇവിടെ കഥ കൊടുക്കുന്നത് അറിവിനും അറിവില്ലായ്മയും അറിവിനെക്കുറിച്ച് സാമാന്യമായി പറഞ്ഞു എല്ലാം ലോകത്തിലെല്ലാം അറിവിനെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ലോകം മുമ്പോട്ട് പോകുന്ന അറിവിനെ ആശ്രയിച്ചിട്ടാണ് നല്ല അറിവായാലും ചീറ്ററിവായാലും നല്ല അറിവായാലും ചീത്ത അറിവായാലും അറിവുള്ളവർ അറിവില്ലാത്തവരെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ലോകഗതി എന്ന് പറയുന്നത് നല്ല അറിവുള്ളവരാണെങ്കിൽ അവരെ നല്ല വഴിക്ക് കൊണ്ടുപോകും അവിടെ മോശം അറിവാണെങ്കിൽ അവർ മോശം വഴിക്ക് കൊണ്ടുപോകും ഇനി മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും ശരി എന്തൊക്കെ ആത്മീയത ഉണ്ടെങ്കിലും ശരി അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന അവരവരുടെ അറിവാണ് ആ അറിവ് അതിനെ തുടർന്ന് വരുന്ന ആചര ആചരണങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുന്നതും ജനങ്ങളെ നയിക്കുന്നതും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുന്നതും ജനങ്ങളെ മോശം വഴി നയിക്കുന്ന എല്ലാ അറിവ് അത് ആത്മീയതയിലും അങ്ങനെ തന്നെ ഭൗതികതയിലും അങ്ങനെ തന്നെ അറിവില്ലാതെ വന്നു കഴിഞ്ഞാൽ ഏത് അറിവില്ലാത്തവൻ ഭൗതികമായും പരാജയം ആത്മീയമായും പരാജയം അതുകൊണ്ട് നമ്മൾ സാധാരണ ആൾക്കാരെ കുറിച്ച് പറയുന്നു അതൊരു ശുദ്ധനാണ് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിവില്ലാത്ത മണ്ഡലം എന്നാണ് അവരോട് നമുക്കൊരു ദയാവായ്പണ്ടാവും ആളുകൊരിക്കൽ സമർത്ഥനായി എങ്ങനെയാണ് ആളൊരു ശുദ്ധനാണത് ആളിനെ ആർക്കു വേണോ പറ്റിക്കാമെന്നെല്ലാം പറയും അറിവാണ് മുഖ്യം അതുകൊണ്ട് മൗർഖ്യ മൂർഖത അറിവില്ലായ്മ നശിപ്പിക്കുന്നു ഈ ശാസ്ത്രം എന്താണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് കൊടുത്തു യഥാ ഇതം ശാസ്ത്രം തഥാ അന്യ ഭിഞ്ചനശാസ്ത്രം അസ്തു മറ്റൊരു ശാസ്ത്രം ഇതുപോലെ വാസിഷ്ഠം പോലെ കാരണം ഇതിൻ്റെ പ്രതിപാദന ശൈലി അത്രയും അയത്ന ലളിതമാണ് അതാണ് അവിടെ പറയുന്നത് ഇതം ശ്രാവ്യം സുഖകരം പിതാദിഷ്ടാന്തസുന്ദരം അവിരുദ്ധമശേഷി ശാസ്ത്രം വാക്യാർത്ഥബന്ധന ഇതം ശാസ്ത്രം യഥാ സുഖകരം തഥാ സുഖത്തെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ശ്രമിക്കേണ്ടതാണ് ശ്രമിക്കുക എന്ന് വെച്ചാൽ വെറുതെ കേൾക്കുക എന്നുള്ളതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരു കാര്യം സുഖത്തെ ഉണ്ടാക്കുന്ന രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അനാവശ്യമായ ചോദ്യങ്ങളും പൂർവ്വക്ഷങ്ങളും ഒക്കെ ഉന്നയിച്ച് സ്വന്തം മനസ്സിന് കലുഷമാക്കാതെ പറയുന്ന ആഗ്രഹത്തെ താൽപ്പര്യത്തിൽ ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ ഗേളക്കാരൻ്റെ താല്പര്യത്തോടുകൂടി ക്രിയു മനസ്സിലാക്കും രണ്ടും വേണം ശാസ്ത്ര താല്പര്യവും ശ്രോതാവിന്റെ താല്പര്യവും ഒന്നാകും അതാണ് സുഖകരമായ ശ്രമം വെറുതെ ആവശ്യമില്ലാത്ത വശിഷ്യൻ സ്വന്തം ബുദ്ധി സാമർഥ്യത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വസിഷ്ഠനൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം വേണ്ട കുറവർഷങ്ങളൊക്കെ വസിഷ്ഠൻ തന്നെ പറയും അതെല്ലാം പറയുന്നുണ്ട് അതും സമാധാനമൊക്കെ കേട്ടു ആളെങ്ങനെ ആയിരിക്കണം ബാക്കിയാർത്ഥ ബന്ധുവായിരിക്കും വാക്യാർത്ഥത്തിന്റെ ബന്ധു എന്ന് പറയാം അല്ലെങ്കിൽ വാക്യാർത്ഥം ബന്ധുവായി ഇരിക്കുന്നത് എന്താ വാക്യാർത്ഥം എന്ന് പറയുന്ന വാക്യത്തിന്റെ താല്പര്യം ഇവിടെ എന്താണ് വാക്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്താണ് കേൾക്കുന്നത് വാക്യം എന്ന് വാക്യം എന്ന് പറയാം ആ കേൾക്കുന്നതിന്റെ താല്പര്യം അതിന്റെ ബന്ധുവായി എന്നിട്ട് അതിനോട് ഇഷ്ടം ബന്ധു എന്ന് പറയുന്നത് നമ്മൾ ആരെയും ഇഷ്ടമുള്ളവര് ഇഷ്ടമുള്ളവരാണ് ബന്ധു അപ്പൊ ബന്ധുവാണെങ്കിലും ഇഷ്ടവനെങ്കിൽ അവർ ശത്രുക്കളാവും അപ്പൊ വാക്യ താല്പര്യത്തോട് ഇഷ്ടമുള്ളവനായിരുന്നു അതാണ് വാക്യാർത്ഥബന്ധു അപ്പൊ അങ്ങനെ ഉള്ളവൻ എന്നാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് അശേഷേണ അവിരുദ്ധം മറ്റൊന്നിനോടും വിരോധമുള്ള അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റുള്ളതിനോട് വിരോധം വരിക എന്ന് പറഞ്ഞാൽ പൂർവ്വപക്ഷങ്ങൾ ഉന്നയിച്ച് ഭണ്ണിക്കുക ആ അശാസ്ത്രത്തിന്റെ പ്രതിപാദന രീതി കയറിയ ഭാഷത്തിലും പറ്റുന്നതാണ് സംഘ്യന്മാരെ ഇവിടെ അങ്ങനെയുള്ള ഖണ്ഡനങ്ങളൊന്നുമില്ല അതാണ് അശേഷേന അവിരുദ്ധം ഒന്നിനോടും വിരോധമില്ലാത്തതായത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയും എന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾ ഞങ്ങളുടെ സിദ്ധാന്തത്തെ പറയും ഞങ്ങൾ ഞങ്ങളുടേതായ ആശയത്തെ പറയുന്നു അതാണ് അവിടുത്തെ നിലപാട് അതുകൊണ്ടാണ് വലിയ ബുദ്ധി സാമ്പത്തിക ആവശ്യമില്ല പദ്വീതത്വം മനസ്സിലാക്കണം തീരുമാനം പിന്നെ കൂടുതലൂടെ ചില കുറവോഷങ്ങൾ വരുന്നത് തന്നെ തത്വത്തിൽ വരുന്ന പുറവോഷങ്ങളല്ല കൂടുതൽ വരുന്നത് ഈ സാധകന്റെ യോഗ്യതയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കുറവക്ഷങ്ങൾ തൃഷ്ണ അത് വൈരാഗ്യത്തിന്റെ പൂർവപക്ഷമാണ് അപ്പൊ തൃഷ്ണയെ ഒരു പൂർവക്ഷമാക്കിയിട്ട് തൃഷ്ണ ഇല്ലാതാക്കണം ഇങ്ങനെ പറയും അത് കൂടുതലും പറയുന്നത് ഒരു സാധകന്റെ ധാർമ്മികതയെക്കുറിച്ചാണ് സാധകന്റെ ധാർമ്മികമായ നിലപാടുകൾ അവിടെ ആ സാധനയ്ക്ക് തടസ്സമായിരിക്കുന്നത് അധാർമ്മികമായ കാര്യങ്ങൾ അതാണവിടെ പൂർവക്ഷമായി വരുന്നത് അല്ലാതെ ശാസ്ത്രതത്വത്തെ ചോദ്യം ചെയ്യുന്ന പൂർവപക്ഷങ്ങളുടെ കൂടുതൽ കുറച്ചുണ്ട് അല്പ സ്വല്പമൊക്കെ ഉണ്ട് എന്നാലും പൊതുവെ എല്ലാത്തിനോടും ഒരു സമന്വയ ദൃഷ്ടിയാണ് വാസിഷ്ടം കൊണ്ടെത്തുന്നത് ഭാഷകാരൻ ചെയ്യുന്ന ഭാഷകാരൻ കർശനമായി ഒന്നും എന്താണ് ഏതേനും യോഗ പ്രത്യഹ യോഗം ഇതിന് പറ്റത്തില്ല യോഗത്തിൻ്റെ പരിപാടികളിലൂടെ ഇവിടെ വാശിഷ്ട പാരമ്പര്യം യോഗം ഇരുന്നോട്ടെ എന്താ കുഴപ്പം ഭക്തി ഇരുന്നോട്ടെ കുഴപ്പമൊന്നും എല്ലാത്തിനും ജ്ഞാനത്തിനോട് യോജിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്തത് അവിടെയാണ് മനുഷ്യന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല അപ്പോ യോഗത്തെ അദ്ദേഹത്തോട് യോജിപ്പിച്ചവർക്ക് ഇഷ്ടം വരത്തില്ല അത് ശരിയല്ല ചിലർക്കത് ഇഷ്ടമാണ് അപ്പൊ ഇഷ്ടത്തിനാണ് പ്രാധാന്യം വാക്യാർത്ഥ ബന്ധുവത്യന്തികമായി അദ്വൈതത്തിനോട് ഒരു ഇഷ്ടം വന്നു അദ്വൈതം എന്ന് പറയുന്ന ആശയപ്പെട്ടു അതുകൊണ്ട് പറയുന്നു ഇത് സുഹൃതം യഥാ തഥ എങ്ങനെയാണോ സുഖത്തെ ഉണ്ടാക്കുന്ന ആർക്ക് കേൾവി കേൾവിക്കാറില്ല അങ്ങനെ കേൾക്കുമ്പോൾ ഇതൊരു സുഖമായിരിക്കും അങ്ങനെ കേൾക്കണം അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില പദങ്ങളുണ്ട് സ്വാസ്ഥ്യം അന്തശീലം ഇതെല്ലാം പറയുന്നത് മനസ്സിന്റെ ശാന്തി സമാധാനം സ്വസ്ഥത ഇങ്ങനെയുള്ള കാര്യങ്ങളെ അപ്പൊ അത്തരം ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് ഇത് മനസ്സിലാക്കണം എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെ പൊരുത്തപ്പെടുന്ന ഒരാശയമായിട്ട് അദ്വൈതത്തെ അവതരിപ്പിക്കുക പിന്നെ ഇതിനെ വളരെ രോചകമാക്കുന്ന രീതി രുചികരമാക്കുന്ന രീതി ധാരാളം കഥകളെല്ലാം അപ്പൊ കഥകളൊക്കെ കേൾക്കുമ്പോഴും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന കഥകൾ അത്ഭുത സിദ്ധികളുടെ കഥകൾ എല്ലാം പറയും ദൃഷ്ടാന്ത സുന്ദരമെന്ന് പറഞ്ഞു ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് സുന്ദരമാണ് അപ്പോ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഒരു കാഴ്ച മാത്രമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ശ്രവണ സുന്ദരം ശ്രവണത്തിലും കേൾവയിലും സൗന്ദര്യം അതാണ് കഥകളിലൂടെ സൗന്ദര്യം ആ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത് അതിനുള്ള കഥകൾ പറയുകയാണ് ദൃഷ്ടാന്തങ്ങൾ കഥകൾ മാത്രമല്ല ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങളുമായി അതും നല്ല രസകരമായ യോജിപ്പുള്ള ദൃഷ്ടാന്തം അതൊക്കെ ഇതിന്റെ പൊതുവായ രീതിയാണ് ദൃഷ്ടാന്തം സുന്ദരമാണ് സുഖകരമാണ് കുഞ്ഞിനോട് വിരോധമില്ലാത്തതാണ് വാക്യാർത്ഥ ബന്ധുവാണെങ്കിൽ എന്നോട് താല്പര്യമുള്ളവരാണ് ഇതെല്ലാം സംഭവിക്കും അറിവിനോട് താല്പര്യവും എന്ന് പറയുന്നത് ഗ്രഹശാസ്ത്രം ഇഷ്ടാംസോന്ദരം അശേഷേണ അവിരുദ്ധം യഥാസോദരം തഥാശ്രാവ്യം വാക്കിയർക്ക് പന്തിനാണ് ഖതിരുമെന്ന് പറയുന്ന ഒരു വിഷമുണ്ട് എന്തോ ആയിക്കോളട്ടെ ഒരു മരം മുള്ള മരം അതിൽ എന്തെങ്ങനെയാണോ കണ്ട കാഹ മുള്ളുകൾ ഇങ്ങനെ വരുന്നത് മുള്ള ഏത് മരം എടുക്കുക അപ്പൊ ഖദരവൃക്ഷത്തിൽ നിന്നെങ്ങനെയാണ് മുള്ളുണ്ടാകുന്നത് പോലെ ആപത്താഹ എന്തെന്തെല്ലാം ആപത്തുകളുണ്ടോ തപാ അവയെല്ലാം അതെങ്ങനെയുള്ള ആപത്തുകളാണ് ദുരുത്താര എന്ന് മറികടക്കാൻ പ്രയാസമുള്ളത് ഇല്ലാതാക്കുന്നതിന് പ്രയാസമുള്ള തുസ്സാഹ നിസ്സാരങ്ങളായിട്ടുള്ള കു യോനേവ ദുഷിച്ച കാരണങ്ങളിൽ നിന്നാണ് എന്ന ആപത്തുകളെക്കുറിച്ച് തുച്ഛൊന്നിച്ചൂടെ ഏറ്റവും മോശം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയുള്ള എല്ലാ ആപത്തുകളും പുയോന തുച്ഛാഹുരുത്ത ആപതാ മൗർഖ്യ ത്രസൂയത്തെ അറിവില്ലായ്മ ഉണ്ടാവുന്നവയാണ് അറിവില്ലായ്മും ജനിക്കുന്നതാണ് ആപത്തുകളല്ലത് വളരെ പരമാർത്ഥ സത്യമാണ് അങ്ങനെ വരും ഇത് പൊതുവായ കാര്യം പറയുക അവിടെ ഞാനത്തെ കുറിച്ച് മാത്രമല്ല നമുക്ക് മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്നു കാരണം എന്താണ് മറികടക്കുന്ന ഉപായത്തെ നമുക്കറിയാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ കിടന്ന് കുഴഞ്ഞു പോകും പരിഹാരം കാണാൻ കഴിയാതെ പരിഹാരത്തെ നിർദ്ദേശിക്കുന്ന നമ്മുടെ അറിവാണ് ഇവിടെ അറിവിന്റെ ഇവിടെ മാത്രമല്ല മുമ്പോട്ട് ചെല്ലുമ്പോഴും അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് പറയുന്നു ജീവിതത്തിൽ ഒരുവൻ വിജയിക്കുന്നതിന് ഏത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുഖ്യമായിരിക്കുന്ന സാധനം അറിവ് തന്നെയാണ് എന്റെ ബാക്കിയല്ല പ്രയോഗവും മറ്റു കാര്യങ്ങളും രണ്ടാമതാകുന്ന അടിസ്ഥാനപരമായ അറിവുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ കഴിയും അറിവില്ലയോ നിരന്തരം അവൻ പ്രശ്നങ്ങളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് പറയുന്നത് അറിവാണ് അത് സ്വയം ആർജിക്കുന്ന അറിവാകാം അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നേടുന്ന അറിവാകാം എന്തായാലും ശരി അറിവ് അവിടെ തുഹ ആപത്തുകൾ വളരെ മോശമായ ആപത്തുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നു മനുഷ്യജീവിതത്തിൽ എന്താണോ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതും ഇഷ്ടപ്പെടാത്തതും എന്നാൽ സംഭവിച്ചു പോകുന്നതുമായ കാര്യങ്ങളാണ് തുച്ഛം മോശം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയത്തുള്ളൂ സംഭവിച്ചു പോകരുത് എനി സംഭവിക്കുന്നതിന് മുമ്പ് അറിയാമെങ്കിലും അതിനെ ഒഴിവാക്കാൻ കഴിയത്തില്ല അതിനുള്ള ആത്മബലം ഉണ്ടാവത്തില്ല ആത്മബലം കൊടുക്കുന്നത് പ്രധാനമായിട്ടും അറിവാണ് അറിവിൻ്റെ ദാർഢ്യം അതുപോലെ അങ്ങനെ അധമങ്ങളായിട്ടുള്ള ആപത്തുകൾ മനുഷ്യ നിരന്തരം നേരിടുന്ന കാര്യങ്ങളാണ് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടന്നു ോട്ട് അടിച്ചിട്ട് കാര്യം ചിലർ എന്റെയും സാമർഥ്യം അറിവ് അതിൻ്റെ സാമർഥ്യപ്പുള്ള അതിൽ നിന്നും മറുപടി ചാടിപ്പും എന്ന മനുഷ്യന്റെ അറിവ് കൊടുക്കുന്ന സാമർഥ്യങ്ങളാണ് മനുഷ്യൻ മനുഷ്യനെ കുഴപ്പം കൊലപാതകം നടത്തും എന്നിട്ടവൻ അതിൽ നിന്ന് ചാടിപ്പോകുന്നു അതിന്റെ ഭൗതികമായ ശിക്ഷയെ ഒഴിവാക്കി പോകും അതും അവന്റെ ഒരു സാമർഥ്യമാണ് ആ സാമർഥ്യം അവൻ എവിടെ നിന്ന് മോഷണം നടത്തുന്നു പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നു എവിടുന്ന് അവന്റെ എന്താണ് ആ മോഷണ കലയെ സംബന്ധിച്ച് അന്യർക്ക് ദ്രോഹമുള്ള പ്രവർത്തനം ചെയ്തു രാജ്യത്തിന് ദ്രോഹമുള്ള പ്രവർത്തനം ചെയ്തു എല്ലാം ജീവിച്ച് മനുഷ്യന്ത് ചെയ്തു വളരെ ഈസിയായി രക്ഷപ്പെടുന്നു അറിവ് തന്നെയാണ് അപ്പം നല്ലതായാലും ചീത്തയായാലും ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്ന അറിവാണ് എത്ര ആധമമായ ആപത്തായാലും ശരി എന്നാണീ പറഞ്ഞു അറിവനതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു അതാണ് തുച്ഛമായ ഏറ്റവും മോശമായി കുയോനയ്യാപത്തുകൾ എന്താണ് വളരെ ദുഷ്ചാരണങ്ങൾ എന്നൊന്നും പറഞ്ഞു എന്താണ് ദുഷ്പ്രവൃത്തികളിലൂടെ മനുഷ്യൻ ആപത്തി ചെന്ന് അങ്ങനെ അല്ലാതെ ചെന്നിട്ടാണ് വഴിയെ നടന്നു പോകുന്നു തലയിൽ തേങ്ങ വീഴുന്നു ചക്ക വീഴുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ ആൾക്കാർ മരിക്കാറ് അവിടെ ഒരു ദുഷ്പ്രവൃത്തി എന്ന് പറയാൻ പറ്റില്ല ആണെന്നും ചെയ്തിട്ടല്ല പ്രകൃതി അങ്ങനെ സംഭവിക്കുന്നു വിശദീകരിക്കാൻ പ്രയാസമുള്ള പ്രതിഭാസികളോ അതൊന്നും കു യോനിയോ കുന്നിച്ച ദുഷ്ടിച്ചതൊന്നും യോനിന്ന് വെച്ചാൽ കാരണോ ദുഷ്ടിച്ച കാരണങ്ങളൊന്നും ഉണ്ടായത് പക്ഷേ മനുഷ്യൻ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിന് അവന്റെ അറിവിന്റെ സാമർത്ഥ്യം കൊണ്ട് മറികട അതും അതിനുമൊക്കെ അടിസ്ഥാനപരമായിരിക്കുന്ന എന്താണ് മനുഷ്യന്റെ അരവണ നല്ലതാണോ ചീത്തയാണോ എന്നല്ലവിടെ പറയുന്നു ആപത്തുകൾ പലതരത്തിലുണ്ടാകാം ക്ഷണിച്ച് വരുത്തുന്ന അങ്ങനെ ആപത്തുകൾ ഉണ്ടാവാം ആ തിഥിയായി വരുന്ന ആപത്തുകളുണ്ട് എന്നുവെച്ച ക്ഷണിക്കാതെ വരുന്ന ആപത്ത് ആ തിഥി എന്ന് പറയുന്നത് പലതരത്തിലും ഉണ്ടാവും ബുദ്ധി അറിവുള്ളവരെ എല്ലാത്തിനെയും മറികടക്കുന്നു അത് ഭൗതികമായി ആത്മീയമായിട്ടാണെങ്കിലോ എല്ലാ ദുഃഖങ്ങളെയും ഒറ്റപ്പേരി ചോദിക്കുക സംസാര ദുഃഖം എല്ലാ ദുഃഖങ്ങളെയും ആത്മ ജ്ഞാനം കൊണ്ട് മറികടക്കും ആത്മീയമായിട്ട് രണ്ടിടത്തും ഇത് ഈ ആപത്തുകളെല്ലാം എങ്ങനെ ഉണ്ടാകുന്നു മൂർഖ അറിവില്ലായ്മ കൊണ്ടുണ്ടാവും അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ആൾക്ക് പറയും അറിവ് കൊണ്ടാണ് തന്നെ അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ് അറിവിന്റെ അഭാവമൊന്നു മാത്രമല്ല അറിവില്ലായ്മ തെറ്റായ അറിവും അറിവില്ലായ്മ ട്രാഫിക് റൂൾ എന്ന് പറയുന്നത് ശരിയായ അറിവാണ് പക്ഷെ അതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നത് അറിവില്ലായ്മയാണ് അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും യഥാർത്ഥി അറിവില്ലായ്മ മഞ്ഞ ലൈറ്റ് കൊണ്ടാന്ന് മുമ്പോട്ട് പോവാം എന്നറിഞ്ഞു വെച്ചാൽ അത് തെറ്റായ അറിവാണെന്ന് അറിവില്ലായ്മ മൂർഖതയാണ് അതിനുള്ള മൂർഖത എന്ന് പറയുന്ന മനുഷ്യൻ തെറ്റായ അറിവാണെന്ന് അറിവില്ലായ്മ ഭൗതികരംഗത്തുള്ളവർക്കും ധാരാളമുണ്ട് ആത്മീയ രംഗത്തുള്ളവർക്ക് അതിലെ കൂടുതലുണ്ട് തെറ്റായ അറിവുകളെ അറിവെന്ന് ധരിക്കുക അതുകൊണ്ട് അവർക്ക് ആപത്തുകൾ സംഭവിക്കുന്നു ആത്മീയതയിൽ സംഭവിക്കുന്ന ആപത്തെന്ന് പറയുന്ന ആത്മീയമായ അപത്ത് ഭൗതികത്തിൽ സംഭവിക്കുന്ന ആപത്തുകൾ എന്ന് പറയുന്ന കൂടുതലും ഭൗതികമായ അപദ്ധം അപ്പൊ ആ തെറ്റായ അറിവ് മൗർഖ്യം എന്ന് പറയുന്നത് വിഭ്രാന്തി എന്ന് പറയും ആത്മീയമാർഗത്തിലുള്ള വിഭ്രാന്തികൾ തെറ്റായ ആത്മീയ വഴികളിലൂടെ മനുഷ്യൻ നടത്തിക്കുന്നു അതെല്ലാം മൗർഖ്യമാണ് പലപ്പോഴും ഈ അറിവില്ലായ്മകൾ വിപരീതജ്ഞ വിഭ്രാന്തി ഒരുപാട് ശരി എന്ന് വിചാരിച്ച് നല്ല ബോധ്യത്തോടുകൂടി തെറ്റിൻ്റെ പിറകുക ശരി എന്നുള്ള നല്ല ബോധ്യം തെറ്റിൻ്റെ വഴി പോകുന്നു ഹിംസ അത് നല്ല നല്ല ദോഷമാണെന്ന് നല്ല ബോധ്യമുണ്ട് ഹിംസ ദോഷമേ ചെയ്യുമെന്ന് ബോധ്യമുണ്ട് എന്നാലും ഹിംസയുടെ ഹിംസയുടെ വഴി തെരഞ്ഞെടുപ്പ് ആ വഴിക്ക് സഞ്ചരിക്കും ഇങ്ങനെ ഓരോന്നില്ല സ്തേയം മോഷണം തെറ്റാണെന്ന് നല്ല ബോധ്യം പക്ഷെ എന്നാലും പലപ്പോഴും ചെയ്യുന്നു സ്തേയത്തിന്റെ വഴി തെരഞ്ഞെടുക്കും മോഷണത്തിന്റെ വഴി വഴി തെരഞ്ഞെടുക്കുക എന്നിട്ട് അതിനെ ന്യായീകരിക്കുക അങ്ങനെയുണ്ട് മനുഷ്യനൊരു വലിയ ഗുണമുണ്ട് നമ്മളെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ശരി ആരായിരുന്നു അതിന് ഇല്ലാരുന്നൊന്നുമില്ല വലിയ ആൾ ചെറിയ ആളെന്നൊന്നുമില്ല എല്ലാവർക്കും മികവറുമൊക്കെ ചെയ്യുന്ന തെറ്റിനെ കുറിച്ചൊരു ബോധ്യം വരും തെറ്റാണ് അറിവ് വരും പക്ഷെ ആ തെറ്റിനെ ന്യായീകരിക്കുന്നതിനുള്ള അറിവും ഉണ്ടാവും അതിനാണ് മൗർഖ്യം വിഭ്രാന്തികൾ തന്റെ വിഭ്രാന്തികൾ കൊണ്ട് തന്റെ തെറ്റിനെ ന്യായീകരിക്കാം എന്ന് കരുത് അതൊരു അറിവാണുണ്ടോ വിഭ്രാന്തിയാണ് എന്റെ വിഭ്രാന്തികൾ കൊണ്ട് എന്റെ തെറ്റിനെ ന്യായീകരിക്കാം ബാധിക്കാം ജയിക്കാം എന്നിട്ട് ആ വഴി തിരഞ്ഞെടുക്കും ഇതൊക്കെ ആപത്തിലേക്ക് നയിക്കും ആത്മീയ ആപത്തിലേക്ക് നയിക്കും അതപ്പതലും ഇതെല്ലാം മൗർഖ്യത്തിന് വളരെ വിപുലമായൊരർത്ഥമാണ് പറയുന്നത് എല്ലാ ആപത്തുകളും അവന്റെ മൂർഖത കൊണ്ട് അറിവില്ലായ്മ കൊണ്ടോ വിപരീതജ്ഞാനം കൊണ്ടോ എല്ലാം സംഭവിക്കുന്നതാണ് അതുപോലെ ഖദിരവൃക്ഷത്തിൽ നിന്ന് മുള്ളുകളുണ്ടാവുന്നത് ഈ ഖതിരവൃക്ഷം എന്ന് പറയുന്നത് ഖതിരാദി കഷായം ആയുർവേദത്തിൽ ഒരു നല്ല മരുന്നാണ് പക്ഷെ എന്ത് ചെയ്യാം അതിന് മുള്ളുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ പരംശരാഹസ്ത ചാണ്ടാല അകാരീധിഷ് വിക്ഷാർത്ഥമടനം രാമ നമോർഖ്യ പദജീവിതം ചണ്ടാളന്മാരെയൊക്കെ കാര്യം വരുമ്പോൾ ഞാൻ കുറച്ച് വിശദീകരിക്കും നിങ്ങൾ ക്ഷമിക്കണം കണ്ടില്ല എന്ന് അടിച്ചു പോകാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് കണ്ടില്ല എന്നൊന്നും പോകാൻ പറ്റാത്തത് ഇന്നത്തെ ആധുനികമായ സാമൂഹ്യ ബോധത്തിൽ എന്തുകൊണ്ട് നോക്കുമ്പം ഇതൊക്കെ കാലഹരണപ്പെട്ടതാണെങ്കിലും ഇന്ന് നമ്മൾ പഠിക്കേണ്ടി വരും ഇതൊക്കെ ബഹിഷ്കരിക്കേണ്ട ചരിത്രത്തിലെ പാട്ടുകളാണെങ്കിലും പഠിക്കേണ്ടി വരുമ്പോൾ അത് വിശദീകരിക്കും അത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ പൂർവകാലത്തിൽ വല്ലാതെ അങ്ങ് അർമാദിക്കും അവിരമിക്കും സത്യത്തിൻ്റെ നേരെ മുഖം നിൽച്ചു അത് പാടില്ല ചരിത്രത്തെ സംബന്ധിച്ച് എപ്പോഴും നിഷ്പക്ഷമായി കാണും അത് കഴിയുന്നത്ര മനസ്സിലാക്കുന്നത്ര അല്ലാതെ അന്ധമായ അഭിനിവേശങ്ങളൊന്നും എന്നോട് വെച്ച് പുലർത്താൻ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അതൊക്കെ അങ്ങനെ പുലർത്തിയാൽ നമ്മുടെ ശോഭനമായ ഭാവിയെ നിരുത്തരവാദപരമായി സ്വാധീനം മോശമായി സ്വാധീനിക്കുന്നു പറയാൻ കുറച്ചുകൂടെ മനസ്സിലാക്കാം അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ശരാഗസ്തസ് ചട്ടി കയ്യിലെടുത്തവൻ ശരാകം വെച്ച അത് കൈ എടുത്തവനെയാണ് ഭിക്ഷു എന്ന് പറയുന്നത് അപ്പോൾ ഭിക്ഷുവിനെ സംബന്ധിച്ച് ഭിക്ഷ എടുക്കുന്നതിന് പഴയ കാലത്ത് നിയമങ്ങളുണ്ട് അവിടെ പോണത് നിങ്ങൾ മനുസ്മൃതി നോക്കിയാൽ മനുസ്മൃതി പോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഒരിക്കലും അതെന്താണ് ചണ്ടാല അകാര വീഥികളിൽ ചണ്ടാലന്മാരുടെ വീടുകളുള്ള വീഥികളിൽ എന്നുവെച്ചാൽ കോളനികൾ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ കോളനികൾ കോളനികളിൽ പോയി ഭിക്ഷാർത്ഥമടങ്ങും ഭിക്ഷ സ്ടനം ചെയ്യുക ഭിക്ഷാന്തേ എന്ന് പറയുക പാടുക അപ്പോ അറിവില്ലായ്മ മൂർഖത കൊണ്ട് നശിച്ച ജീവിതം എന്ന് പറയുന്നത് ചണ്ടാളനോട് ഭിക്ഷയാചിക്കുന്നതിനും മോശമൊന്നും അപ്പോൾ ആലോചിച്ചു പോകണം മൂർഖത ഇത്ര മാത്രം നന്ദിക്കുന്നു മൂർഖത ഇത്രയും പറയുന്ന ഇവിടെ അതിന് മോശമായിട്ടാണ് ചണ്ടാളന് പറഞ്ഞിരിക്കുന്നത് ചണ്ടാളന്റെ അടുത്ത് പോയി വിക്ഷെടുക്കുന്നതിലും മോശമാണെന്ന് പറയുമ്പോൾ ചണ്ടാളൻ അത്രയും മോശമായിട്ടാളൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അന്നത്തെ രാമരാജ്യത്തിലെ രാമനോടാണല്ലോ പറയുന്നത് ആരും ക്ഷുപിതരാവരുത് ഞാൻ പറയുന്നത് സത്യമാണ് ഗ്രാമരാജ്യത്തിലെ ബഹിഷ്കൃത സമൂഹങ്ങളെക്കുറിച്ച് അവരെ തണ്ടാള രീതികളും അല്പം ചരിത്രം മനസ്സിലാക്കണം പഴയകാലത്ത് മനുഷ്യർ ഇങ്ങനെ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നപ്പോൾ ഒരു ഗോത്രത്തിൽ എണ്ണം കൂടുകയും ശക്തിയും ബുദ്ധിയും ഒക്കെ കൂടുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടും അവർ മറ്റുള്ള ഗോത്രങ്ങളെ ആക്രമിക്കും അത് പഴയകാലത്ത് ഒരു രീതിയായി ഇന്ന് നമ്മൾ രാജ്യം മറ്റൊരു രാജ്യത്ത് ആക്രമിക്കുന്നത് അങ്ങനെ ആക്രമിക്കും ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ആക്രമിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പശുവിന് വേണ്ടി മറ്റു കാർഷിക വിഭവങ്ങൾക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണ് സ്ത്രീ ഇതിനു ആക്രമിക്കുന്നത് ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ശക്തിയുള്ളവൻ ജയിക്കും ഇന്നത്തെ പോലെ തന്നെ അന്ന് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ തോക്കുന്നവരെ അടിമകളാക്കും അല്ലെങ്കിൽ അവരെ ബഹിഷ്കൃതരാക്കും അവർ ബഹിഷ്കരിക്കപ്പെടും അങ്ങനെ ബഹിഷ്കരിക്കപ്പെടുന്നവരാണ് ഈ മൊത്തത്തിൽ പറയുന്നതാണ് അധകൃതർ ബഹിഷ്കൃതർ ചണ്ടാല സമൂഹം എന്നൊക്കെ പറയുന്നു ഇത്തരം സമൂഹങ്ങളിൽ എന്താണ് സംഭവം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ വിഭവങ്ങൾ എന്തായാലും ശരി അന്നത്തെ വിഭവങ്ങൾ പശുപായാലും കാർഷിക വിഭവങ്ങൾ ആയാലും എന്തായാലും ശരി ഇതെല്ലാം ദുർബലന്റെ കയ്യിൽ നിന്ന് അവൻ അപഹരിക്കും അല്ലെങ്കിൽ ബാക്കിയെല്ലാം അവൻ പ്രവേശപ്പെടുത്തി വരും അപ്പോൾ പരാജയപ്പെട്ടവർ അവനെന്നും ബഹിഷ്കൃതനാണ് ഇന്നും അങ്ങനെയാണ് അവൻ സമൂഹ മധ്യത്തിൽ നിന്നും ബഹിഷ്കൃതനാണ് സാമൂഹ്യ വിഭവങ്ങളിൽ നിന്നും അവകാശമില്ലാത്തവനായിരിക്കും അവന് പ്രത്യേകിച്ച് നീതിയില്ലാത്തവനായി അവനവസരങ്ങളില്ലാത്തവനായിട്ട് അവനെ പിന്നെ ഒരിക്കലും വളരാൻ അനുവദിക്കത്തുമില്ല നമ്മളൊരു ഭീഷണിയായ അങ്ങനെയാണ് കോളനികൾ ഉണ്ടാകുന്നത് പഴയകാലത്ത് ചണ്ടാല വീഥികൾ ചണ്ടാല ചാണ്ടാല അതാര അല്ലെങ്കിൽ ചണ്ടാല അതാരും ശരി ചണ്ടാലന്മാരുടെ വീടുകൾ നിറഞ്ഞ വീതികളുണ്ടാവും അപ്പൊ ഈ എല്ലാ സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നവർ ഒരിക്കലും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അവർ അവർ ബഹിഷ്കൃതരായതുകൊണ്ട് തന്നെ അവർക്ക് ശുദ്ധജലം കിട്ടത്തില്ല കാരണം ഇന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇന്നുമുള്ളതാണ് എന്താ പൊതു കണ്ണതുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ പറ്റില്ല ചണ്ടാള ഗ്രാമങ്ങളിലുള്ളവർ അവർക്ക് വേറെ കണ്ണൂ പഴയ കഥ പറയുന്നൊന്നുമല്ല ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും പറഞ്ഞാലും എന്റെ അടുത്ത് വരും ഇന്നും നടക്കുന്ന സംഭവങ്ങളാണ് പല മാറി വരുന്നു ഇത് പറയുമ്പോൾ പലർക്കും കയറിക്കൊള്ളും നമ്മുടെ വളരെ ശോഭനമായിരുന്ന പൂർവകാലത്തെക്കുറിച്ച് മോശം പറയുന്നു എന്നത് പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല ഞാൻ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല അപ്പോ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് അപ്പോൾ അവർക്ക് ഈ ബഹിഷ്കരിക്കപ്പെട്ടവർക്ക് ശുദ്ധജലം കിട്ടത്തില്ല പിന്നെ ഭക്ഷണം കിട്ടത്തി ശരിയായ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണം കിട്ടും ഇവര് ഇവർക്ക് കിട്ടുന്ന എന്താണ് ചർത്ത മൃഗങ്ങളുടെ മാംസം അതൊക്കെയാണ് പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയാനുമില്ല ഈ ബഹിഷ്കരണം കൂടുതൽ അധകൃതരാണ് അപ്പൊ ബഹിഷ്കരണം അധി എന്താണ് അധക്കരണം ബഹിഷ്കരണം അധക്കരണത്തെ ഉണ്ടാകും അത് അങ്ങനെയാണ് അധകൃത വർഗങ്ങളെ ശ്രദ്ധിക്കുന്നത് അവർ കൂടുതൽ കൂടുതൽ അതപ്പതിച്ചുകൊണ്ടേ അപ്പോൾ ഒരിക്കലും പിന്നെ അവർക്ക് അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ പറ്റത്തില്ല പറയും എന്താണ് അവന് വിദ്യാഭ്യാസമുണ്ടോ അവന് ശുചിത്വമുണ്ടോ അവരക്രമികളല്ലേ ഒരാഭാസന്മാരല്ലേ ഇന്നും ഈ കോളനികളൊക്കെ താമസിക്കുന്നവരെ കുറിച്ച് അവന് പുറത്തുള്ളവർ ഇന്നും ഇങ്ങനെയൊക്കെയാണ് പറയും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ നാട്ടിലും കോളജുകളൊക്കെ ഉണ്ടാകും അനാഭാസന്മാരാണ് അക്രമികളാണ് ഇത് ബഹിഷ്കരണം കൊണ്ട് സംഭവിക്കുന്നതാണ് എക്സ്ക്ലൂഷൻ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരാശയം ഇല്ലാതെ വരുന്നതുകൊണ്ട് സംഭവിക്കുന്നത് അപ്പൊ ക്രമേണ ഈ അതെല്ലാം വർദ്ധിച്ച് വർദ്ധിച്ചത് പിന്നെന്താണ് ആധുനികമായ ജനാധിപത്യ ബോധ വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ മാറ്റം വരുന്നതും ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നു അതിനുവേണ്ടിയിട്ടാണ് പിന്നീട് നിയമങ്ങളും സാമൂഹ്യ പരിരക്ഷകളും ഒക്കെ ഉണ്ടാകണം ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ ഇതിനെന്തെ മനുഷ്യൻ ഇന്നും എതിർക്കുന്നുണ്ട് കഥയറിയാതെ എങ്ങനെയാണ് ഈ ബഹിഷ്കൃതരെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ലോകത്തെല്ലായിടത്തും പല അവരുടെ പുനരധിവാസ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിലും അതൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് മാറ്റം വരുന്നുണ്ട് എല്ലാം തന്നെയാണ് പൂർവ്വകാലം ഒന്നും അത്ര ശോഭനമല്ല അതിന്റെ തെളിവാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങളിൽ പോലും അതിന്റെ തെളിവുകൾ കിട്ടും അതുകൊണ്ടാണ് സന്ദർഭം അത് പറയുന്നത് അപ്പൊ ഇത് മനസ്സുകളുടെ വ്യക്തമായി എഴുതി ചെയ്തിട്ടുണ്ട് ഭിക്ഷയാജിക്കുന്നുണ്ടെങ്കിൽ ഭിക്ഷു ഒരിക്കലും ഭിക്ഷെന്നുള്ളതല്ല ഭിക്ഷയ്ക്ക് പ്രധാനമായ അധികാരി എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ ഭിക്ഷ ഒരിക്കലും ശൂദ്രനിൽ നിന്ന് സ്വീകരിക്കരുത് ചണ്ടാളൻ്റെ കാര്യം പറയാനില്ല ഇതൊക്കെ എഴുതി അങ്ങനെ ഓരോ ജാതികൾക്കും ബ്രാഹ്മണൻ എന്ന് മറ്റു ജാതികൾക്കും ഉണ്ട് ഈ അപ്പൊ ഇങ്ങനെ ഒരു ബഹിഷ്കരണം വർദ്ധിച്ചു വന്നപ്പം ഇതൊരു പകർച്ചവ്യാധി പോലെയാണ് എല്ലായിടത്തും വരും ബഹിഷ്കരിക്കപ്പെട്ടവർ തന്നെ പരസ്പരം ബഹിഷ്കരിക്കാൻ അവരുടെ ഇടയിലും വന്ന് ഉച്ച നീക്കത്തും അവരിലും വന്ന് മേൽ തട്ടുകളൊക്കെ അവരുടെ ഇടയ്ക്കും കണ്ടെത്തി കാരണം അങ്ങനെയാണല്ലോ പകർച്ചവ്യാധി വന്നൂന്ന് എല്ലായിടത്തും സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് വന്നു അതിപ്പോ ഇതിന്റെയൊക്കെ പിന്നിലുള്ള എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണ് മനുഷ്യന്റെ കേവലമായ സ്വാർത്ഥത ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏത് നിയമവും തിരുത്തിയെഴും കാരണം ആത്യന്തികമായിട്ട് എന്താണ് ഇത് എഴുതിയവന്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എഴുതിയവന്റെ നന്മയ്ക്ക് വേണ്ടി ഏത് നിയമങ്ങളും ഇപ്പൊ പാടില്ല എന്ന് പറഞ്ഞ് വേണ്ടിവന്ന ആകാമും ഭേദഗതികൾ ഉണ്ടാക്കിയെടുക്കും മൊത്തത്തിൽ മോശമാണെന്ന് ഞാൻ പറയും അതിന്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ ഇത് നമ്മുടെ സ്മൃതികളിലെ എഴുതിവെച്ചിരിക്കുന്ന കാര്യമാണ് അതിവിടെയും വന്നിരിക്കുന്നു ഇത്രയൊരു വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്തെയാണ് പഴയകാലത്ത് രാമരാജ്യം എന്ന് പറഞ്ഞു അവിടെ എന്താണ് ചണ്ടാല അകാര വീഥികളും കാണും നല്ല സൗകര്യങ്ങളും മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളും കാണും ഇന്നത്തെ കോളനികളും പോലെ തന്നെയാണ് അതൊക്കെ മാറ്റിയെടുക്കാൻ ഇനിയും സമയം വേണം കാരണം എന്തുകൊണ്ട് ഇന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന് രൂപപ്പെട്ടാണ് അതുകൊണ്ടാണ് ഇന്നും എന്തുകൊണ്ട് കോളനികൾ നിൽക്കുന്നത് ഒരു സുപ്രഭാതത്തിന് പൊട്ടിമുളച്ചുണ്ടായതല്ല മാറാൻ കാലതാമസിച്ചു ഇന്നുമില്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പഴയ രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇന്ന് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് തിരിഞ്ഞ് ചിന്തിക്കണം അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണമെങ്കില് ബുദ്ധി മാത്രം പോരാ കുറച്ച് ഹൃദയം കൂടെ വേണം എമ്പതി എന്ന് പറയുന്നൊരു ഗുണം കൂടെ മനുഷ്യന്റെ മനസ്സിൽ വേണം എന്നാലേ ചിന്തിക്കണം ബുദ്ധി സാമർത്ഥ്യം മാത്രം പോരാ അതാണ് ഇവിടെ പറയുന്നത് ചാണ്ടാല അകാര വീതികളിൽ ചണ്ടാലന്മാരുടെ വീടുകളുള്ള ആ വീതികളെന്ന് വെച്ച് അവർ കൂട്ടമായി താമസിച്ചു കോളനികളിൽ പോയി ശരാപ്യ ഭിക്ഷും ഭിക്ഷാർത്ഥമടനും ഭിക്ഷ ജാരിക്കുക എന്ന് പറയും അതിലും മോശമാണ് അത് ഇത്രയോ മോശമായ കാര്യമാണ് അതിലും മോശമാണെന്ത് അറിവില്ലായ്മ കൊണ്ട് നശിച്ച ജീവിതം എന്നാണ് അപ്പൊ അറിവില്ലായ്മ നല്ലതല്ല അപ്പൊ ഇവിടെ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് ചണ്ടാല അകാരീതി എന്ന് പറയുന്നതും ഇതെഴുതി വെച്ച് അവരുടെ അറിവില്ലായ്മയുടെ ഒരു സൃഷ്ടിയാണ് അവരുടെ അറിവില്ലായ്മയാണ് ഭൗതികമായി തൊരു മനുഷ്യന്റെ സാധാരണ ജീവിതത്തിന്റെ പോരായ്മകൾ അത് കുറ്റമുറ്റതാക്കാൻ ശ്രമിക്കില്ല അവിടെ സ്വാർത്ഥതകൾ നമ്മൾ മാത്രം ശ്രമിക്കുക മറ്റുള്ളവർ കഷ്ടപ്പെടുന്ന നമുക്ക് പ്രശ്നം വേണ്ട അതുകൊണ്ടാണ് നമ്മൾ രാജ്യത്തിൽ ലോകത്തെല്ലായാലും സ്ത്രീസൂത്രന്മാരെല്ലാം കഷ്ടപ്പെട്ടു ഒരു രാജ്യത്തിന്റെ മാർഗം പ്രത്യേകതയല്ല പക്ഷെ കഷ്ടപ്പെടുത്താൻ വേണ്ടി നിയമം ഉണ്ടാക്കിയത് നമ്മളാണ് ലിഖിതമായ നിയമം ഉണ്ടാക്കി മറ്റിടത്തൊക്കെ അത് വളരെ വിരളമാണ് അതാണ് രണ്ട് നമ്മളെ വ്യത്യാസം ഇനി ആ മൂർഖതയെക്കുറിച്ച് പറയുന്നു വരം ഘോര അന്ധഭൂപേഷു കോടരേഷുവ ഭൂരുഹാം അന്ധകീടത്തും ഏകാന്തെ മൂർഖ്യ അതിദുഖമാണ് ഏതോ അതുപോലെ തന്നെ ഘോരന്തോപേഷു ഘോരമായ അന്തകോപങ്ങളിൽ വിരള്ണ നിറഞ്ഞ പുതിയ പുതിയ ഗർത്തങ്ങൾ ആണന്തോപം വെളിച്ചം കിടക്കാത്ത ഗർത്തങ്ങൾ ഭൂരുഹാം കോടരേഷു വൃക്ഷങ്ങളുടെ കൊത്തുകൾ വെളിച്ചം ഏകാന്തയിൽ ഏകാന്തതയിൽ അന്ത കീടം അന്ത കീടങ്ങൾ ആയി ജീവിക്കുക വെളിച്ചം കാണാതെ ജീവിക്കുക ഇവിടെ അന്ധതാന്ന് എന്താണ് അറിവില്ലായും വെളിച്ചമില്ലായും ബോധമില്ലായും അപ്പൊ ഈ കീടങ്ങളുടെ എന്താണ് അന്ധതയിലുള്ള ജീവിതം വരമാണ് മെച്ചമാണ് എന്നാണ് പറയുന്നത് അത് കുറച്ചുകൂടി മെച്ചമാണെന്നാണ് പറയുന്നത് ഏതിനെ അപേക്ഷിച്ച് മൗർഖ്യഹത ജീവിതം മൂർഖത കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട ജീവിതങ്ങളെക്കാൾ അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് ഇന്ന വരം അതിനേക്കാൾ ശ്രേഷ്ഠം എന്തെങ്കിലും അന്ധങ്ങൾ അന്ധ കൂപങ്ങളിൽ ജീവിക്കുന്ന ആ ജീവിതങ്ങളെക്കാൾ മെച്ചമല്ല എന്ന് വെച്ചാൽ അതിനേക്കാളും മോശമാണ് മൂർഖ്യഹത ജീവിതം അത് അതിദുഖതമാണെന്ന് അങ്ങേയറ്റം ദുഃഖത്തെ ഉണ്ടാക്കുന്നു അതി ദുഃഖം എന്ന് വെച്ചാൽ ദുഃഖം ദാതി ദുഃഖത്തെ നൽകുന്നതാണ് ഇങ്ങനെയുള്ള അതിയായ ദുഃഖത്തെ നൽകുന്നതാണ് ഏത് മൗർഖ്യ അപഹത ജീവിതം ഏതിനേക്കാളും ഈ കിടക്കുന്ന അന്തപൂപങ്ങളുടെ ജീവിതത്തെക്കാളും അത് ഞാനോട് അന്വേഷിക്കാം എന്താണ് അത് അതിദുഖതമല്ല ഈ അന്തപൂപങ്ങളുടെ ജീവിതം അതി ദുഃഖമല്ല അത്രയും ദുഃഖം തരുന്നതല്ല ഏതുപോലെ മൂർഖ്യം പോലെ മൂർഖർ അപ്പോ ഈ അന്ധകൂപങ്ങളുടെ ജീവിതത്തെക്കാളും വലിയ മോശമാണ് മോഹം കൊണ്ടുള്ള ജീവിതം എന്നാണ് മൗർഖ്യഹത ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണത്തെക്കുറിച്ച് പറയണം നേരത്തെ പറഞ്ഞതുപോലെ ചണ്ടാളന്റെ കയ്യിൽ നിന്നും ഭിക്ഷു വാങ്ങുന്നതിൽ നിന്നും മോശമായ കാരണമാണ് ജീവിതമാണ് അറിയില്ലാത്തവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണെന്നാണ് അത് അന്ധകൂപങ്ങളിലെ പ്രാണികളുടെ ജീവിതം വളരെ മോശമാണ് അവിടെ തന്നെ പറയാം ന വരം അത് പക്ഷേ അങ്ങനെ ഒരു ജീവിതം നരം എന്ന് പറയാം ആ ജീവിതത്തെയും പറയാം അത് പക്ഷേ ം എന്ന് പറയുന്നത് അതിദുഃഖങ്ങൾ മൗർഖ്യം എന്ന് പറയുന്നത് അതിനേക്കാൾ ദുഃഖത്തെ നൽകുന്ന അപ്പോ ഈ മൂർഖതയെ അത് ഏറ്റവും മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിലും മോശമായ ഒരു ജീവിതത്തെ എടുത്തു കാണിക്കും എന്നിട്ട് പറയുന്നു അത്രയും മോശമല്ല മൂർഖ അല്ല അത്രയും അതിനേക്കാൾ മോശമാണ് ബോക്ക് അതിമോശമില്ലാന്നില്ല അതിനേക്കാൾ മോശമാണ് മൂർഖ ജീവിതം ഏറ്റവും മോശമായിരിക്കേണ്ട എപ്പോഴും മൂർഖ ജീവിതമാണ് മറ്റൊന്ന് മോശമാണ് എന്താണ് ധോരാന്തൂവേഷ് ബോട് ഗുരുഹം എന്താണ് ഗുരുഹാമം കോടരേഷും ഏകാന്ത അന്തകീടത്വം ഇത് വരമിനി ശ്രേഷ്ഠമായൊരു ജീവിതമാണ് എല്ലാവരും സംവദിക്കുന്നവര് മോശമാണ് വരമെന്നാണ് വരവുന്നില്ല ശ്രേഷ്ഠം ഒന്നാണ് എന്നാൽ മൗർഖ്യം അതി ദുഃഖം മൂർഖത എന്ന് പറയുന്ന ആനേക്കാളും ദുഃഖത്തെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അതുപോലെ തന്നെ പറയും മാം ആലോകമാസാദ്യ മോക്ഷോപായം എം ജന അന്ധതാമേലം പുനഃ കസ്ചിത് മോഹ തമസ്വിമാലോകമാസം അറിവിന്റെ വിളിച്ചു ആലോചിച്ച വിളിച്ച് അറിവാകുന്ന വിളിച്ച് ഇമം ആലോകമാസാധ്യം അതിനെ നേടിയിട്ട് അസാധ്യ നേടിയിട്ട് എങ്ങനെയുള്ള അറിവാണ് കൂടെ പറയുന്നത് മോക്ഷോപായ മോക്ഷം അതിനുപായമായിരിക്കുന്ന അറിഞ്ഞു വീട്ടായം ജന മനുഷ്യനും പുനഃ ന അന്ധതാമി പിന്നീട് അവൻ ഇരുട്ടിന് പ്രാപിക്കുന്നില്ല മോഹ പ്രാപിക്കുന്നില്ല കസ്റ്റിജ്ജനഹ ഒരു മനുഷ്യനും മോഹത്തമസ് മോഹമാകുന്ന തമസ്സിലും മോഹമാകുന്ന അന്ധകാരത്തിലും എന്താണ് കശിജ്ജന അയം മോക്ഷോപായം ഇമം ആലോകം ആസാധ്യ പുനഃ അന്ധതാം മോക്ഷത്തിനുപായമായി വെളിച്ചത്തെ നേടിയിട്ട് ഒരു മനുഷ്യൻ പിന്നീട് ഒരു തവണ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതബോധത്തെ കുറിച്ചു പറയണം അന്ധതയെ പ്രാപിക്കുന്നില്ല അവന്റെ മോഹം നശിക്കുന്നു തവ നൈരിസമ്പോജം തൃഷ്ണാവൈ മാനവാംബുജം യാവൻ വിവേകസൂരിതാ വിമലാപ്രഭ്യം മുമ്പ് പറഞ്ഞ ആശയങ്ങളെ ചമത്കാര ഭാഷയിലൂടെ പറയുകയാണ് മാനവാംബുജം അംബുജം എന്ന് താമരയാണ് മാനവാംബുജം എന്ന് പറഞ്ഞാൽ മാനവ ഹൃദയം മനുഷ്യ മനസ് എന്നു അതിനെ തൃഷ്ണ സങ്കോചം നയം അതിന് തൃഷ്ണ എന്തു മനസ്സിന്റെ മനസ്സിനെ സങ്കോചിപ്പിക്കുന്നത് സങ്കുചിതമാകുന്നത് തൃഷ്ണയാണ് അവന്റെ ദുരാഗ്രഹങ്ങൾ എന്റെ വലിയ മനസ്സിനെ അത് സങ്കോചിപ്പിക്കുന്നു ഏതുവരെ യാവത്താവത്ത് ഏതുവരെയാണ് അതിനെ സംബോധിപ്പിക്കുന്നത് അത് പറയുന്നു യാവകസൂര്യസ് വിമലാപ്രഭാനൗതിത വിവേകമാകുന്ന സൂര്യന്റെ കാരണം താമരയെ വിടർത്തുന്നത് സൂര്യനാണ് സൂര്യകിരണങ്ങളാണ് അതുകൊണ്ടാണ് മാനവാംബുജം എന്നും മനസ്സിനെ കുറിച്ച് യാവത് വിവേകസൂര്യസ് വിമലാപ്രഭാന ഉദിത ഏതുവരെയാണോ വിവേകസൂര്യകിരണങ്ങൾ പ്രകാശിക്കുന്നത് താപത്ത് അതുവരെ തൃഷ്ണ എന്ന് പറയുന്ന സാധനം മാനവാമുജം മാനവഹൃദയത്തെ സങ്കോചം നയി സങ്കോചിപ്പിക്കുന്നു മനുഷ്യന്റെ ുള്ളിൽ വിവേകമെന്ന് പറയുന്ന സൂര്യപ്രകാശം ഉണ്ടാകുമ്പോൾ വിവേകം തന്നെ സൂര്യൻ അതിൻ്റെ പ്രകാശം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അവിടെ തൃഷ്ണ നശിക്കുന്നുണ്ട് തൃഷ്ണ നശിക്കുമ്പോൾ ഹൃദയം വിശാലമാകുന്നു ഇവിടെ തൃഷ്ണയെക്കുറിച്ചാണ് പറയുന്നത് അതിനും തൃഷ്ണയെ നശിപ്പിക്കുന്നതും അറിവാണ് അത് ഞാൻ പറഞ്ഞ അറിവിനെ പൊതുവായി പറയണം മോഹത്തെ നശിപ്പിക്കുന്ന അറിവാണ് തൃഷ്ണയെ നശിപ്പിക്കുന്നതും അറിവാണ് തൃഷ്ണ എന്ന് പറയുന്ന മനുഷ്യന് അവന്റെ എല്ലാ മേഖലകളും ആത്മീയതയിൽ മാത്രമല്ല ആത്മീയതയിലും ഭൗതികതയിലും എല്ലായിടത്തും മനുഷ്യന്റെ മനസ്സിനെ ഒരു വിപത്താണ് വലിയ വിപത്താണ് തൃഷ്ണ എന്ന് എവിടെയുണ്ട് മനുഷ്യൻ അപ്പോൾ തൃഷ്ണയെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനും അറിവ് വേണം അതും വിവേകമാകുന്ന സൂര്യന്റെ കിരണം അത് വേണമെന്ന് ഭൗതികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തൃഷ്ണ അങ്ങനെയൊന്നുമില്ല ആത്മീയമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും തൃഷ്ണയുണ്ട് ഒരുപാട് ദുരാഗ്രഹങ്ങൾ ഒരുപാട് സങ്കല്പങ്ങൾ ഒരുപാടൊക്കെ ഇവിടെ പിടിച്ചടക്കണമെന്നും നേടണമെന്നും ആർജിക്കണമെന്നും അപ്പം അതെല്ലാം ചിലപ്പോൾ ഭാവിയിൽ ദോഷകരമായി സംഭവിക്കാം വർത്തമാനത്തിന് ദോഷമായിട്ട് വരാം അതെല്ലാം തന്നെ അവൻ്റെ ആത്മവികാസത്തിന് തടസ്സമായി നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ ഹൃദയത്തിന്റെ വിശാലതയെ സങ്കോചിപ്പിച്ചത് നമ്മള് മനസ്സുകൊണ്ട് വിശാലത ആഗ്രഹിക്കുന്നു വെച്ചാൽ മനസ്സുകൊണ്ട് വിശാലത ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് വിശാലമായ ആശയങ്ങളെ മനസ്സിൽ സ്വീകരിക്കുക അതിനനുസരിച്ച് ജീവിക്കുക എന്നത് ആഗ്രഹിക്കും സമസൃഷ്ടി സ്നേഹം എല്ലാ സൃഷ്ടികളോടുള്ള സ്നേഹം ദയ കാരുണ്യം സമസൃഷ്ടി സേവ സേവാ സേവനം ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുകയും അത്തരം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴും അതൊക്കെ മനുഷ്യനങ്ങനെയുള്ള ആശയങ്ങളും മനസ്സിലും സേവയുടെയും സേവനത്തിൻ്റെയൊക്കെ ആശയം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയൊക്കെ ആശയം അത് സങ്കുചിതമായിട്ടുള്ള ഒരു വിശാലമായ അർത്ഥത്തിൽ വരുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ തൃഷ്ണ ഉണ്ടായിക്കും അതിങ്ങനെ ഒരു കൂട്ടം വരുമ്പോൾ അവിടെ അവനറിയാതെ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് ഭേദഭാവനകൾ വരും അറിയാതെ തന്നെ അവൻ്റെ മനസ്സിലെന്താണ് ശത്രു മിത്ര ഭാവനകൾ വരും അറിയാതെ തന്നെ അവനെന്തോരും പറയുന്ന രണ്ടും വരുന്നു പറയുന്നു എക്സ്ക്ലൂഷനും ഇൻക്ലൂഷൻ ബഹിഷ്കരണവും ഉൾക്കൊള്ളലും രണ്ടും സംഭവം അടിസ്ഥാനപരമായ എന്താ കാരണം അവനറിയാതെ തന്നെ അവന്റെ ഉള്ളിലേക്ക് തിഷ്ണ വരുന്നു തിഷ്ണ എന്ന് പറഞ്ഞാൽ എന്താ സ്വാർത്ഥ താല്പര്യങ്ങളാണ് തൃഷ്ണത് നിസ്വാർത്ഥത ആഗ്രഹിച്ചുകൊണ്ടൊരാള് പ്രവർത്തിക്കുമ്പോഴും എന്നിട്ടും നിങ്ങളെന്നെല്ലാം വരാം ആരെങ്കിലും ഒരാൾ കുറ്റം പറയുന്നതായിട്ട് എടുക്കരുത് മനുഷ്യ മനസ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതാരെയോ കുറ്റം പറയുകയാണ് ആരെയോ എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് ആരും ചിന്തിക്കരുത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം അറിയാതെ കടന്നു ഈ സ്വാർത്ഥത അതാണ് തൃഷ്ണ അത് അവനറിയാതെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു അവൻ്റെ ഉള്ളിൽ ബഹിഷ്കരണ യുക്തികൾ വരും പുറന്തള്ളുക എന്നുള്ള ആശയങ്ങളോട് അതാണ് നേരത്തെ പറഞ്ഞത് അറിയാതെ ആദ്യം വരും എന്നിട്ട് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വന്നാൽ അറിയാതെ വന്നു കഴിഞ്ഞാൽ അതിനൊപ്പം ജീവിക്കും ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ശരിയാണെന്ന് നമുക്ക് സമ്മർദ്ദിക്കാം ഇതൊക്കെ മനുഷ്യൻ മനസ്സിന്റെ പ്രകൃതിയെ കുറിച്ചാണ് കൂടെ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഉദ്ദേശിച്ച് പറയുന്നു ആരുടെയെങ്കിലും ദോഷത്തെ പറയുന്നതിന് ദോഷമാണെങ്കിൽ എല്ലാവരുടെയും ദോഷം ഗുണമാണെങ്കിൽ എല്ലാവരുടെയും ഗുണം ഒരാൾ ശരിയും വേറെ ആൾ തെറ്റുമല്ല ഇതെല്ലാം എല്ലാവരിലുമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പറയുന്ന എന്താണ് കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ പിടികൂടുന്നതും സ്വാർത്ഥതകൾ പിടികൂടുന്നതും അതുമില്ലാതാക്കേണ്ടത് വിവേക സൂര്യന്റെ പ്രഭ കൊണ്ടാണ് എന്നാലേ മനുഷ്യന്റെ ഹൃദയമാകുന്ന താമര വികസിക്കത്തുള്ളൂ അതാണ് നമ്മൾ പറയുന്നത് യാവ് വിവേക സൂര്യസ് വിമലാ പ്രഭാന ഉദിത തൃഷണ മാനവാജം സങ്കോജം നൈവി